ഖുർആാൻ പാരായണം ചെയ്യാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ആരെങ്കിലും സന്മാർഗം പ്രാപിച്ചാൽ അവൻ സ്വന്തം നന്മയ്ക്കായി തന്നെയാണ് പ്രാപിച്ചത് ആരെങ്കിലും വഴിപിഴച്ചാൽ തീർച്ചയായും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നവരിൽ ഒരാൾ മാത്രമാണ് എന്ന് പറയുക